അപ്പോൾ എനിക്ക് ജോലി ഇവിടെ അല്ലായിരുന്നു ലിസൺ നിനക്ക് എത്ര വയസ്സായി പതിനെട്ട് പതിനെട്ടോ പിറന്നാൾ എപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു എന്റെ പതിനെട്ടാമത്തെ പിറന്നാൾ അന്ന് ഞാൻ നാട്ടിലായിരുന്നു അതെങ്ങനെ അപ്പോൾ നിനക്ക് അവധിയായിരുന്നോ അല്ല അപ്പോൾ എനിക്ക് ജോലി ഇവിടെ അല്ലായിരുന്നു ഞാൻ ഒരു കൂലിക്കാരനായിരുന്നു അപ്പോൾ നീ നിന്റെ പിറന്നാളിനെ നാട്ടിൽ ആയിരുന്നു അല്ലെ അതെ അപ്പോൾ നിന്റെ പിറന്നാളാകാശമൊക്കെ എങ്ങനെയായിരുന്നു ഗംഭീരമായിരുന്നോ സാറിനെപ്പോഴും തമാശയാണ് പാവങ്ങളുടെ കാര്യമെല്ലാം തമാശയാണ് അല്ലേ അല്ല സുഖ ഇത് തമാശയല്ല കാര്യമാണ് എൻ്റെ പൊന്നു സാറേ ഈ മാസം മൂന്നാം തീയതി വരെ ഞാനൊരു ചുമട്ടുകാരനായിരുന്നു അതും അരപ്പട്ടിണിക്കാരൻ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മുഴുപട്ടിണിയും ആയിരുന്നു അങ്ങനത്തെ പാവങ്ങൾക്കാണോ പിറന്നാളും സദ്യവും വലിയ വേദാന്തമാണല്ലോ സാർ ഇത് വേദാന്തവും തർക്കവും ഒന്നുമല്ല ജീവിതത്തിന്റെ പരുക്കൻ സത്യമാണ് എന്റെ പതിനെട്ട് വർഷത്തെ അനുഭവം അങ്ങനെ സാറേ പാവങ്ങൾക്ക് ഈ ജീവിതം ഒരു ശാപമാണ് വലിയ ഭാരം ആർക്കാണ് പിന്നെ ജീവിതസുഖമെല്ലാം കരിഞ്ചന്തക്കാർക്കും കള്ളക്കടത്തുകാർക്കും സിനിമാ താരങ്ങൾക്കുമാണ് സുഖമെല്ലാം അവർക്കൊക്കെയാണ് എന്നും പാർട്ടിയും സദ്യയും ലെസൺ ട്വൽ ലിസൺ ആൻഡ് റിപ്പീറ്റ് നിനക്ക് എത്ര വയസ്സായി സുഖു നിനക്കെത്ര വയസായി പതിനെട്ട് പതിനെട്ട് പതിനെട്ടോ പിറന്നാൾ എപ്പോൾ പതിനെട്ടോ പിറന്നാൾ എപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു എന്റെ പതിനെട്ടാമത്തെ പിറന്നാൾ കഴിഞ്ഞ മാസമായിരുന്നു എന്റെ പതിനെട്ടാമത്തെ പിറന്നാൾ അന്ന് ഞാൻ നാട്ടിലായിരുന്നു അന്ന് ഞാൻ നാട്ടിലായിരുന്നു അതെങ്ങനെ അപ്പോൾ നിനക്ക് അവധിയായിരുന്നോ അതെങ്ങനെ അപ്പോൾ നിനക്ക് അവധിയായിരുന്നോ അല്ല അപ്പോൾ എനിക്ക് ജോലി ഇവിടെ അല്ലായിരുന്നു അല്ല അപ്പോൾ എനിക്ക് ജോലി ഇവിടെ അല്ലായിരുന്നു ഞാൻ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഒരു കൂലിക്കാരനായിരുന്നു ഞാൻ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഒരു കൂലിക്കാരനായിരുന്നു അപ്പോൾ നീ നിന്റെ പിറന്നാളിനെ നാട്ടിലായിരുന്നു അല്ലെ അപ്പോൾ നീ നിന്റെ പിറന്നാളിനെ നാട്ടിലായിരുന്നു അല്ലെ അതെ അപ്പോൾ നിന്റെ പിറന്നാളാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു അപ്പോൾ നിന്റെ പിറന്നാളാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു ഗംഭീരമായിരുന്നോ ഗംഭീരമായിരുന്നോ സാറിന് എപ്പോഴും തമാശയാണ് എപ്പോഴും തമാശയാണ് പാവങ്ങളുടെ കാര്യമെല്ലാം തമാശയാണ് അല്ലേ പാവങ്ങളുടെ കാര്യമെല്ലാം തമാശയാണ് അല്ലേ അല്ല ഇത് തമാശയല്ല കാര്യമാണ് അല്ല സുഖു ഇത് തമാശയല്ല കാര്യമാണ് എൻ്റെ പൊന്നു സാറേ ഈ മാസം മൂന്നാം തീയതി വരെ ഞാനൊരു ചുമട്ടുകാരനായിരുന്നു എന്റെ പൊന്നു സാറേ ഈ മാസം മൂന്നാം തീയതി വരെ ഞാനൊരു ചുമട്ടുകാരനായിരുന്നു അതും അരപ്പട്ടിണിക്കാരൻ അതും അരപ്പട്ടിണിക്കാരൻ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മുഴുപട്ടിണിയും ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മുഴുപട്ടിണിയും ആയിരുന്നു അങ്ങനത്തെ പാവങ്ങൾക്കാണോ പിറന്നാളും സദ്യയുമൊക്കെ അങ്ങനത്തെ പാവങ്ങൾക്കാണോ പിറന്നാളും സദ്യയുമൊക്കെ എടാ ഇത്ര ചെറുപ്പത്തിലെ നിനക്ക് വലിയ വേദാന്തമാണല്ലോ എടാ സുഖു ഇത്ര ചെറുപ്പത്തിലെ നിനക്ക് വലിയ വേദാന്തമാണല്ലോ സാർ ഇത് വേദാന്തവും തർക്കവും ഒന്നുമല്ല സാർ ഇത് വേദാന്തവും തർക്കവും ഒന്നുമല്ല ജീവിതത്തിന്റെ പരുക്കൻ സത്യമാണ് ജീവിതത്തിന്റെ പരുക്കൻ സത്യമാണ് എന്റെ പതിനെട്ട് വർഷത്തെ അനുഭവം അങ്ങനെ സാറേ എന്റെ പതിനെട്ട് വർഷത്തെ അനുഭവം അങ്ങനെ ആയിരുന്നു സാറേ പാവങ്ങൾക്ക് ഈ ജീവിതം ഒരു ശാപമാണ് വലിയ ഭാരം പാവങ്ങൾക്ക് ഈ ജീവിതം ഒരു ശാപമാണ് വലിയ ഒരു ഭാരം ആർക്കാണ് സുഖ പിന്നെ ജീവിതസുഖമെല്ലാം ആർക്കാണ് സുഖ പിന്നെ ജീവിതസുഖമെല്ലാം കരിഞ്ചന്തക്കാർക്കും കള്ളക്കടത്തുകാർക്കും സിനിമാ താരങ്ങൾക്കുമാണ് സുഖമെല്ലാം കരിഞ്ചന്തക്കാർക്കും കള്ളക്കടത്തുകാർക്കും സിനിമാ താരങ്ങൾക്കുമാണ് സുഖമല്ല അവർക്കൊക്കെയാണ് എന്നും പാർട്ടിയും സദ്യ അവർക്കൊക്കെയാണ് എന്നും പാർട്ടിയും സദ്യയും ഇന്നലെ എന്റെ പിറന്നാൾ ആയിരുന്നു ഇന്നലെ എന്റെ പിറന്നാൾ ആയിരുന്നു കഴിഞ്ഞ മാസം വരെ അവൻ ചുമട്ടുകാരൻ ആയിരുന്നു കഴിഞ്ഞ മാസം വരെ അവൻ ചുമട്ടുകാരനായിരുന്നു അവൻറെ പത്താമത്തെ പിറന്നാൾ ആഘോഷം നാട്ടിൽ വച്ചല്ലായിരുന്നു അവന്റെ പത്താമത്തെ പിറന്നാൾ ആഘോഷം നാട്ടിൽ വച്ചല്ലായിരുന്നു നിനക്കെത്ര വയസ്സായി നിനക്ക് എത്ര വയസ്സായി എനിക്ക് പത്തൊൻപത് വയസ്സായി എനിക്ക് പത്തൊൻപത് വയസ്സായി എനിക്കിന്ന് അവധിയാണ് എനിക്കിന്ന് അവധിയാണ് പാവങ്ങൾക്ക് എപ്പോഴും പട്ടിണിയാണ് പാവങ്ങൾക്ക് എപ്പോഴും പട്ടിണിയാണ് സാറിന് എപ്പോഴും തമാശയാണ് സാറിന് എപ്പോഴും തമാശയാണ് സുകുമാരനെ ജീവിതം ഒരു വലിയ ഭാരമാണ് സുകുമാരന് ജീവിതം ഒരു വലിയ ഭാരമാണ് എൻറെ പതിനെട്ട് വർഷത്തെ അനുഭവം അങ്ങനെ ആയിരുന്നു എൻറെ പതിനെട്ട് വർഷത്തെ അനുഭവം അങ്ങനെ ആയിരുന്നു അത് ഈ മാസത്തെ കാര്യമല്ല ഈ വർഷത്തെ ക്ലാസുകൾ എങ്ങനെയാണ് ഈ വർഷത്തെ ക്ലാസ്സുകൾ എങ്ങനെയാണ് ബിൽഡപ് ഡ്രിൽ മോഡൽ ആയിരുന്നു ആയിരുന്നു എട്ടാം ക്ലാസ്സിൽ എട്ട ക്ലാസ്സിലായിരുന്നു ഞാൻ ഞാൻ എട്ടാം ക്ലാസ്സിലായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാൻ എട്ടാം ക്ലാസ്സിലായിരുന്നു നൗ ഫോളോ ദ മോഡൽ ആയിരുന്നു ആയിരുന്നു അവധി അവധിയായിരുന്നു എനിക്ക് എനിക്ക് അവധിയായിരുന്നു അന്ന് അന്ന് എനിക്ക് അവധിയായിരുന്നു ആണ് ആണ് ഭാരം ഭാരമാണ് വലിയ വലിയ ഭാരമാണ് ഒരു വലിയ ഭാരമാണ് ജീവിതം ജീവിതം ഒരു വലിയ ഭാരമാണ് പാവങ്ങൾക്ക് പാവങ്ങൾക്ക് ജീവിതം ഒരു വലിയ ഭാരമാണ് ആണേ ആണ് നല്ലവർ നല്ലവരാണ് വിദ്യാർത്ഥികളെല്ലാം വിദ്യാർത്ഥികളെല്ലാം നല്ലവരാണ ഈ വർഷത്തെ ഈ വർഷത്തെ വിദ്യാർത്ഥികളെല്ലാം നല്ലവരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ മോഡൽ വൺ നിനക്ക് എത്ര വയസ്സായി കുട്ടിക്ക് കുട്ടിക്ക് എത്ര വയസ്സായി നൗ ഫോളോ ദ മോഡൽ നിനക്ക് എത്ര വയസ്സായി എനിക്ക് എനിക്ക് എത്ര വയസ്സായി അമ്മക്ക് അമ്മക്ക് എത്ര വയസ്സായി അവൾക്ക് അവൾക്ക് എത്ര വയസ്സായി മധുവിനെ മധുവിന് എത്ര വയസ്സായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എത്ര വയസ്സായി കുമാറിന് കുമാറിന് എത്ര വയസ്സായി ഇന്ന് എനിക്ക് അവധിയല്ല നിനക്ക് ഇന്ന് നിനക്ക് അവധിയല്ല ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്ക് അവധിയല്ല സീതയ്ക്ക് ഇന്ന് സീതയ്ക്ക് അവധിയല്ല കുമാറിനെ ഇന്ന കുമാറിന് അവധിയല്ല പ്രിൻസിപ്പാളിന് ഇന്ന പ്രിൻസിപ്പാളിന് അവധിയല്ല പാവങ്ങൾക്ക് ജീവിതം ഭാരമല്ലേ അവൾക്ക് അവൾക്ക് ജീവിതം ഭാരമല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതം ഭാരമല്ലേ അവർക്ക് അവർക്ക് ജീവിതം ഭാരമല്ലേ പണക്കാർക്ക് പണക്കാർക്ക് ജീവിതം ഭാരമല്ലേ എനിക്ക് എനിക്ക് ജീവിതം ഭാരമല്ലേ നിനക്ക് നിനക്ക് ജീവിതം ഭാരമല്ലേ സുധയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല രാധയ്ക്ക് രാധയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല വിമലയ്ക്ക് വിമലക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കുട്ടിക്ക് കുട്ടിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല രവിക്ക് രവിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല സതിക്ക് സതിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല സുഖുവിനെ എന്നും അരപ്പട്ടിണിയാണ് മധുവിനെ മധുവിന് എന്നും അരപ്പട്ടിണിയാണ് സോമുവിനെ സോമുവിന് എന്നും അരപ്പട്ടിണിയാണ് രഘുവിനെ രഘുവിന് എന്നും അരപ്പട്ടിണിയാണ് മനുവിനെ മനുവിന് എന്നും അരപ്പട്ടിണിയാണ് അനുവിനെ അനുവിന് എന്നും അരപ്പട്ടിണിയാണ് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലാണ് ജോലി സരോജത്തിന് സരോജത്തിന് സ്വന്തം നാട്ടിലാണ് ജോലി സുന്ദരത്തിന് സുന്ദരത്തിന് സ്വന്തം നാട്ടിലാണ് ജോലി സുബ്രഹ്മണ്യത്തിന് സുബ്രഹ്മണ്യത്തിന് സ്വന്തം നാട്ടിലാണ് ജോലി ആനന്ദത്തിന് ആനന്ദത്തിന് സ്വന്തം നാട്ടിലാണ് ജോലി മോഡൽ ടു അവർക്ക് എപ്പോഴും തമാശയാണ് സരള സരളക്ക് എപ്പോഴും തമാശയാണ് നൗ ഫോളോ ദ മോഡൽ കുട്ടികൾക്ക് എപ്പോഴും തമാശയാണ് നീ നിനക്ക് എപ്പോഴും തമാശയാണ് സാർ സാറിന് എപ്പോഴും തമാശയാണ് അദ്ദേഹം അദ്ദേഹത്തിന് എപ്പോഴും തമാശയാണ് മധു മധുവിന് എപ്പോഴും തമാശയാണ് ലളിത ലളിതയ്ക്ക് എപ്പോഴും തമാശയാണ് അവർ അവർക്ക് എപ്പോഴും തമാശയാണ് തോമസ് തോമസിന് എപ്പോഴും തമാശയാണ് സാഹു സാഹുവിന് എപ്പോഴും തമാശയാണ് ലാലി ലാലിക്ക് എപ്പോഴും തമാശയാണ് ഞാൻ എനിക്ക് എപ്പോഴും തമാശയാണ് ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ അവൻ ഡോക്ടറാണ് അവൻ ഡോക്ടർ ആയിരുന്നു നൗ പള മോഡൽ അദ്ദേഹം നല്ല അധ്യാപകനാണേ അദ്ദേഹം നല്ല അധ്യാപകനായിരുന്നു അയാൾ ഒറീസയിലാണ് അയാൾ ഒറീസയിലായിരുന്നു മധുവിന് എന്നും സദ്യയാണ് മധുവിന് എന്നും സദ്യയായിരുന്നു ആ കുട്ടികൾക്ക് എല്ലാം തമാശയാണ് ആ കുട്ടികൾക്ക് എല്ലാം തമാശയായിരുന്നു പാവങ്ങൾക്ക് എന്നും അരപ്പട്ടിണിയാണ് പാവങ്ങൾക്ക് എന്നും അരപ്പട്ടിണിയായിരുന്നു മോഡൽ ടു എനിക്ക് മൂന്നാം തീയതി അവധി ആയിരുന്നു എനിക്ക് മൂന്നാം തീയതി അല്ലായിരുന്നു നൗ ഫോളോ ദ മോഡൽ നല്ല കിട്ടണമായിരുന്നു അത് നല്ല കെട്ടിടമല്ലായിരുന്നു അവർ അക്രമിക്കുട്ടികളായിരുന്നു അവർ അക്രമിക്കുട്ടികളല്ലായിരുന്നു അദ്ദേഹം ഒരു മഹാപിശുക്കനായിരുന്നു അദ്ദേഹം ഒരു മഹാപിശുക്കൻ അല്ലായിരുന്നു അവർ ഒരു നല്ല സ്ത്രീ ആയിരുന്നു അവർ ഒരു നല്ല സ്ത്രീ അല്ലായിരുന്നു ആ കഥ അത്ര ദയനീയമായിരുന്നു ആ കഥ അത്ര ദയനീയമല്ലായിരുന്നു റെസ്പോൺസ് ഡ്രിൽ ആ സിനിമ വളരെ ഭയങ്കരമായിരുന്നോ കഴിഞ്ഞ വർഷം ഈ സമയം നിങ്ങൾ ഇവിടെ ആയിരുന്നോ മിനിഞ്ഞാന്ന് നിങ്ങളുടെ ക്ലാസ് ഈ മുറിയിൽ ആയിരുന്നോ നിങ്ങളുടെ കൂട്ടുകാരൻ മധുവാണോ മിനിഞ്ഞാന്ന് നിങ്ങൾക്കെല്ലാം അവധിയായിരുന്നോ